ഭാഗവതധർമ്മത്തിനും ഹരി എന്ന യോഗീശ്വരനോട് ചോദിക്കുകയാണ് എന്താണ് ഭാഗവതധർമ്മം പറഞ്ഞതൊരു ഏർ ലിംഗൈഹി ഭഗവത്പ്രിയാ ഭഗവത്പ്രിയന്മാരായ ഭക്തന്മാരെ എങ്ങനെ കണ്ടാ അറിയാം ആരാണ് ഉത്തമ ഭക്തൻ അവിടെ ഹരി എന്ന യോഗീശ്വരൻ ഭക്തന്മാരെ മൂന്ന് വിധത്തിലായിട്ട് പിടിച്ചു ഉത്തമഭക്തൻ മധ്യമഭക്തൻ പ്രാകൃതഭക്തൻ ഭക്തിയിൽ അധമം ഇല്ല ഭക്തി പ്രാകൃതഭക്തി ഈ മൂന്ന് തരത്തിലായിട്ട് പിഴിച്ചു പ്രാകൃതഭക്തി എന്താണ് ഭക്തി ആരംഭിക്കുമ്പോൾ എല്ലാവരും പ്രാകൃതഭക്തന്മാരാണ് ഭഗവാനോട് അർച്ചനാമൂർത്തിയിൽ മാത്രം ശ്രദ്ധ അർച്ചയാമേവ ഹരയേ പൂജാമ്യ ശ്രദ്ധ നതത് ഭക്തേഷു ച അന്യേഷു സഭക്ത പ്രാകൃതസ്മൃത പ്രാകൃതഭക്തൻ എന്താ ലക്ഷണം ഭഗവാന്റെ അർച്ച അർച്ചനയിൽ അർച്ചനാമൂർത്തിയിൽ അമ്പലത്തിൽ മാത്രം ഭഗവാനുണ്ട് അവിടെ ചെല്ലുമ്പോഴൊക്കെ ഭക്തി വരും അവിടെ ഭക്തിയോട് ആരാധിക്കും പക്ഷെ ഭക്തന്മാരോട് സംഘം ഭഗവത് കഥാശ്രവണം മുതലായിട്ടുള്ള സാധനാ പദ്ധതികളിലേക്കോ ഭജനത്തിലേക്കോ വരില്ല അങ്ങനെ ഈ ഭക്തിയുടെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ ലോകത്തിൽ നമുക്കിപ്പോ ഭക്തന്മാർ ധാരാളം ഉണ്ട് ഈ പ്രാകൃത ഭക്തി ധാരാളമുണ്ട് എല്ലാ അമ്പലങ്ങളിലും ധാരാളം തിരക്കാണ് ഇത്രയധികം തിരക്കുള്ള കാലം ഉണ്ടായിട്ടില്ല ഇത്രയധികം അമ്പലങ്ങളിൽ തിരക്കുള്ള കാലം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അത്രയധികം തിരക്കുണ്ട് അത് പ്രാകൃത ഭക്തിയാണ് പ്രാകൃത ഭക്തിയൊന്നും നിന്ദ്യ ഭക്തിയൊന്നുമല്ല പ്രാകൃതമാണെങ്കിലും ആ ഭക്തി ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ആ വിത്ത് മുളച്ച് ചെടിയായി വലിയ മരമാവും മരമാവുന്നതിന് മുമ്പ് എല്ലാ മരവും ഒരു ചെടിയുടെ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഭക്തി ആരംഭിക്കുമ്പോൾ പ്രാകൃത തലത്തിൽ ആരംഭിക്കും പ്രാകൃത ഭക്തൻ ചിലപ്പോൾ ഉത്തമഭക്തനും പ്രാകൃത ഭക്തി ചെയ്യും ഉത്തമഭക്തനും അർച്ചനാമൂർത്തിയിൽ ആരാധിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യും അത് പ്രാകൃത ഭക്തിയല്ല ഒരാൾ മൂർത്തി ആരാധന ചെയ്യുന്നത് കൊണ്ട് മാത്രം പ്രാകൃത ഭക്തൻ എന്ന അർത്ഥമല്ല രാമകൃഷ്ണ പരമഹംസനും ദേവിയെ ഒരു മൂർത്തിയിലാണ് കണ്ടത് ആരംഭിച്ചത് പക്ഷെ ആ മൂർത്തിയിൽ ആരംഭിക്കുമ്പോഴും ഉത്തമ ഭക്തിസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ മൂർത്തിയെ ആരാധിച്ചു എത്രയോ ഭക്തന്മാർ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലിരുന്നു ഗുരുവായൂരപ്പനെയെ ഗതി എന്ന് പറഞ്ഞ് ഭക് അവരൊക്കെ പ്രാകൃത ഭക്തന്മാരെന്നർത്ഥില്ല പ്രാകൃത ഭക്തന്മാരുണ്ട് അവർക്ക് ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട് ഞങ്ങളുടെ കാര്യമൊക്കെ സാധിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കും ഭജിക്കും പൂജ ചെയ്യും അത് കഴിഞ്ഞാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആൾ മാറി ഭഗവാൻ അവിടെയല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ കാര്യം വേറെ ഗുരുവായൂർപ്പൻ അവിടെ ഇരിക്കട്ടെ എവിടെങ്കിലും ഒരിടത്ത് ശ്രദ്ധ വന്നിട്ടുണ്ടല്ലോ കാഞ്ചി പരമാചരി ആൾ ചെലവർ കോവിലെ പോകാൾ എന്താ ഫസ്റ്റ് ഭക്തി തുടങ്ങിയടുത്ത് കോവിലെ പോയി അങ്ങേന്ന് കുങ്കുമം കടച്ച് അന്ന് കുങ്കുമത്തിട്ട് അങ്ങ് തൂണിലേ തേച്ചിട്ട് വരുവാളാണ് അമ്പലത്തിലുള്ള തൂണി തന്നെ ചന്ദനമൊക്കെ എത്ര ചന്ദനോ അർജന്റാവുക എന്ന് നോക്കാം അവിടെ തന്നെ ഇട്ടിട്ട് വരും ഭക്തി അമ്പലത്തിലേക്ക് പോകുമ്പോ ആരംഭത്തിൽ ഭക്തി ഇങ്ങനെ ഉണ്ടാവും ഭഗവാന്റെ ആ മൂർത്തി അവിടെ കണ്ടുകഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറും അച്ഛരേ പൂജാമ്യ ശ്രദ്ധേഹ അവിടെ ശ്രദ്ധ എന്നൊരു അർച്ചനാമൂർത്തിയിൽ ശ്രദ്ധ ഉണ്ടാവണം ചിലർക്ക് അതുണ്ടാവില്ല അങ്ങനെയുള്ള ആളെ കണ്ട അമ്പലത്തിലുള്ള സ്വാമി പേടിക്കുന്നതാണ് കുളിച്ചു കുറ്റിത്തലയും കുടഞ്ഞ് അമന്ത്രകുംഭം ചൊരിയുന്ന നേരം വിറച്ചു ദേവൻ ചുവരോടച്ചു നീരോവിലൂടെ ഗമനഞ്ചകാര ഉള്ളിലേക്ക് വന്നപ്പോ ദേവൻ നീരോവിലൂടെ ഗമനഞ്ചകാര നീരോവിലൂടെ പോയത് അപ്പൊ അവിടെ ശ്രദ്ധയില്ലാന്നർത്ഥം ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ഭാവം പോലും ശ്രദ്ധ പോലും ഇല്ലാതെയാണ് പൂജയെങ്കിൽ അത് ഭക്തിന് പേരില്ലാതെ അതെന്ത് തൊഴിൽ എത്രയോ ജോലി ചെയ്യുന്ന പോലെ അതൊരു ജോലി എത്രയോ ഭക്തി എപ്പോ പേര് ഒരു മൂർത്തിയിൽ ഒരിടത്തും ഒരു ശ്രദ്ധയുണ്ടായി ഭക്തി ഉണ്ടാകുമ്പോൾ അത് ഭക്തി അടുത്ത ഭക്തി ഈശ്വരേതധീനേഷു ബാലിശേഷു ദ്വിഷത്സു പ്രേമ മൈത്രി കൃപ്പോപേക്ഷ ഭഗവാന്റെ അടുത്ത് ഭക്തി പുരാ ഭഗവത് ഭക്തന്മാരൊക്കെ എപ്പോഴും കൂടെ വേണം ഭക്തന്മാരുടെ സംഘം കിട്ടണം ലൗകികസംഗം വയ്യ നമുത്ത്ലോകജനേഷു സഖ്യം സംസാരചക്േ ഭ്രമതസ്വകർമ്മ ത്വന്മായ ആത്മാത്മജാരഗേഹേഷു ആസക്തചിത്ത നാഥ ഭൂയാത് ഇതാണ് മധ്യമഭക്തി എനിക്ക് ഭഗവത് ഭക്തന്മാരുടെ സംഘം വേണം ഭക്തിയില്ലാത്തവരുടെ നടുവിൽ ഭഗവാനെ ഗുരുവായൂരൊപ്പൻ എന്നെ കൊണ്ടുപോയി പെടുത്തരുത് അവരെപ്പോഴും അവരുടെ വർത്തമാനമൊക്കെ വേറെ രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നമുക്ക് രുചിക്കാത്ത കാര്യങ്ങളായിരിക്കും രാമകൃഷ്ണ പരമവംശർ പറയും ഇരുമ്പ് ഉരുക്കി ചെവിയിൽ ഒഴിക്കണ പോലെ ഉണ്ടെന്നാണ് ഈ വർത്തമാനം കേട്ടാൽ നിൽക്കാൻ വയ്യ അവരവര് തിന്നത് അവർ തകട്ടും രാമകൃഷ്ണദേവന്റെ വാക്കാണ് ഓരോരുത്തർ ഇങ്ങനെ പറയണത് അവർ സഹജമായിട്ട് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താന്ന് വെച്ചാൽ തിന്നത് തകട്ടുമെന്ന് ഉള്ളിൽ എന്താ പോയിട്ടുണ്ടോ എന്ത് പോയിട്ടുണ്ടോ അതുപോലത്തേക്ക് വരും അവരുടെ ഉള്ളിൽ മനസ്സിൽ എന്താ ഉള്ളത് കുറെ സഹജമായ സംവാദത്തിൽ കാണാം അല്ലാതെ ഒരു സ്റ്റേജിൽ ഇരുന്നോ അപ്പൊ എന്ത് വേണമെങ്കിലും സഹജ സംവാദത്തിൽ ഭക്തന്മാരുടെ സംഘത്തിലിരിക്കുമ്പോ അവർക്ക് എപ്പോഴും ഭക്തന്മാരുടെ സംഘം വേണം സത്സംഗം വേണം ഭഗവത് കഥകൾ പറയണം വാണി ഗുണാനോ കഥനെ ശ്രവണോ കഥായം ഹസ്തൗ ചർമ്മസുമനസ്തവ പാതയോഹോ അപ്പൊ ഭക്തന്മാരുടെ സംഘം വേണം ഭഗവത് വിഷയവുമായിട്ടുള്ള സംവാദം വേണം മറ്റൊന്നും പറയാൻ വയ്യ രാമകൃഷ്ണപരവംസർ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ കൽക്കട്ടയിൽ എവിടെയെങ്കിലുമൊക്കെ നാമം ജപിക്കണവര് ഭക്തന്മാര് എന്ന് പറഞ്ഞാൽ മതി അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവും അവരിങ്ങോട്ട് വരണമെന്നൊന്നുമില്ല അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെന്ന് ഭഗവത് കഥകളൊക്കെ പറഞ്ഞ് അവരോട് അതിനുള്ളൊരു സുഖം ഈശ്വരേത്തത് അധീനേഷു ഭക്തിയെ ഇല്ലാത്ത ആളുകളെ കാണുമ്പോൾ ഇവർക്കും ഭക്തി വരലേ ഇവർക്ക് എങ്ങനെങ്കിലുമൊക്കെ ഭഗവത് ഭക്തി വരലേ ബാലിശേഷു അവർക്ക് ബാലിശന്മാരാണ് അവർക്ക് ഈ ഉയർന്ന കാര്യങ്ങൾ അറിയില്ല ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് അറിയില്ല എന്തോ ഭക്തി വേണം പക്ഷേ അധികമൊന്നും ആവാൻ പാടില്ല എന്നുള്ള അഭിപ്രായമായിരിക്കും അല്ലെങ്കിൽ എന്തോ ഇവിടെ അമ്പലം സ്വാമി ഭാഗവതം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒന്നും പിടിയില്ലാത്തവരെ കാണുമ്പോൾ ഗുരുവായൂർ പായ ഇവർക്കും ഭക്തി വരില്ലേ ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവത് അഭിമുഖമായിട്ട് അവർ തിരിയിലെ എന്നൊക്കെ ഒരു വാഞ്ച ഉള്ളിലൊരു ആഗ്രഹം ഭക്തന്റെ ലക്ഷണമാണത് അതിനുവേണ്ടി ഭക്തൻ പലതും ചെയ്യും പല ഭക്തന്മാരും അങ്ങനെയൊക്കെയാണ് ചില ഭക്തന്മാര് അതിനുവേണ്ടി കുറെ മധുര പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് നാമം ജവിക്കണം അവർക്ക് കൊടുക്കുക നാമം ജപിച്ചാൽ അതൊക്കെ തരാമെന്ന് ഇങ്ങനെയൊക്കെ പലതുമൊക്കെ ചെയ്യും എന്തിനാന്ന് വെച്ചാൽ നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവർ വരുന്നത് മധുര പലഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭക്തന്റെ ഭാവമാണ് ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നാമം ജപിക്കുക ഭാഗവതം വായിക്കുകയൊക്കെ ചെയ്യാം കൃപ ബാലിശന്മാരോട് കൃപ അവർക്ക് ഭക്തി ഉണ്ടാവട്ടെ ഭഗവത് വിഷയമായിട്ട് അവർക്ക് വലതുമൊക്കെ രുചി ഉണ്ടാവട്ടെ എന്ന ഭാവം ബാലിശേഷു ദ്വിഷത്സു ചിലർ ഭക്തദ്വേഷികളുണ്ടാവും പ്രഹ്ലാദന് ഹിരണ്യകശു എന്ന വണ്ണം പല ഭക്തന്മാർക്കും വിരോധികൾ ഉണ്ടായിട്ടുണ്ട് മീരാബായി അനേക കീർത്തനത്തിൽ പറയുന്നു റാണ എന്നെ വിഷമിപ്പിച്ചു വിഷം കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞു ആ വിഷം ഞാൻ കുടിച്ചു അത് കുടിച്ച് ഞാനിതാ കൃഷ്ണൻ കൃഷ്ണ എന്ന് നർത്തനം ചെയ്യുന്നു ഭക്തന്റെ ജീവിതവും എളുപ്പമൊന്നുമല്ലോ ഭക്തദ്വേഷികളും ഉണ്ടാവും അവരും ഭക്തിക്ക് പോഷകമാണ് അവരില്ലെങ്കിൽ ഭക്തി വളരില്ല അപ്പൊ ഉപേക്ഷ ഭക്തദ്വേഷികളായിട്ടുള്ളവരോട് ഉപേക്ഷാഭാവം ഭക്തദ്വേഷികൾ ജ്ഞാനദ്വേഷികൾ ജ്ഞാനികൾക്കും വിരോധികളുണ്ടാവും ഭക്തന്മാർക്കും വിരോധികളുണ്ടാവും യേശുക്രിസ്തുവിനെയൊക്കെ കുരിശിലടിച്ചത് അത്ര കണ്ട് നമ്മുടെ ഭാരതദേശത്തിൽ നടന്നിട്ടില്ലെങ്കിലും വേറെ പല വിധത്തിലും വേറെ പല ഭക്തന്മാർക്ക് വിരോധവും ഭക്തി ചെയ്യുന്നവർക്ക് വിരോധവും ഒക്കെ ഉണ്ട് അവരവരുടെ വീട്ടിലെയും ഉണ്ടാവും ത്യാഗരാജസ്വാമികളെ ഏട്ടനെപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും ഇവൻ ഒന്നിനും കൊള്ളില്ല എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല അദ്ദേഹം പാവം പലയിടത്തും പോയി പണിയെടുത്ത് ജോലി ചെയ്യും പറഞ്ഞിട്ടും വേദം ജൊല്ലി പൗരോഹിത്യ കർമ്മം ചെയ്തിട്ടും ഒക്കെ കുറേ പണം കൊണ്ടുവരും ഇദ്ദേഹം സുഖമായി ചാപ്തിട്ട് പാട്ടുപാടുകയാണ് രാമനാമൻ ജപിക്കാണ് ഏട്ടൻ അവസാനം വിരോധായി വിരോധായിട്ട് വീട് ഭാഗം പിരിച്ചു കൊടുത്തു ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മറ്റൊന്നും അറിയണില്ല എവിടുന്ന ചാപ്പാട് വരണെന്ന് ചോദിച്ചാൽ രാമൻ കൊണ്ടുതരണം ഏട്ടൻ ചീത്ത് വിളിച്ചോണ്ടേയിരിക്കും ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് ഒരിക്കൽ രാജാവ് രാഗരാജസ്വാമികളുടെ കീർത്തനം കേട്ട് യാഗരാജനെ സദസ്സിലേക്ക് വിളിച്ചു വന്ന് പറയുന്ന കാവൽക്കാര് രാജാവ് സദസ്സിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി രാജാവിനെ കുറിച്ച് ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു രാമന്റെ സദസ്സിലല്ലാതെ ഒരിടത്തും പാടില്ല അപ്പോ ഏട്ടൻ ഒരുപാട് ചീത്ത പറഞ്ഞു മുഖത്ത് വന്നു വീണ മഹാലക്ഷ്മിയെ തട്ടിക്കളഞ്ഞു നിന്റെ എന്താ വിചാരം നീ എന്താ ചക്രവർത്തിയോ ഇവിടെ വീട്ടിൽ ഉണ്ണാനും എടുക്കാനും വിഷമം ദേഹം നന്നാവുന്നുവെന്ന് കല്യാണം കഴിച്ചോയി കല്യാണം കഴിച്ചു വെച്ചു ഏട്ടൻ നന്നാവാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയും ഉണ്ടായി എന്നിട്ട് മൂന്നുപേരും കൂടെ ഇരുന്ന് ഭജനം ചെയ്യാം ഏട്ടന്റെ കാര്യം രാഗരാജനും പത്നിയും കുട്ടിയും ഒക്കെ കൂടെ കീർത്തനം പാടുക നാമം ജപിക്കുക മൂന്നുപേരെയും നോക്കേണ്ട ചുമതലയായി ഏട്ടനും ഇപ്പൊ രാജാവ് വിളിച്ചിട്ട് പോയില്ല അപ്പൊ കുറെ ചീത്ത പറഞ്ഞപ്പോഴാണ് ഈ പ്രസിദ്ധ കീർത്തനം നിതിസാല സുഖമാ രാമോനി സന്നിധി സേവാ സുഖമാ ധാരാളം സമ്പത്ത് കിട്ടും ഇതൊക്കെ സുഖമാണോ രാമ ഈ മനസ്സേ പറയൂ അല്ല രാമന്റെ സന്നിധിയിലിരുന്ന് സേവ ചെയ്യുന്നത് സുഖമോ മമതാബന്ധനയുത നരസ്തുതി സുഖമാ എല്ലാരും അവിടെ ചെന്നാൽ കയ്യടിക്കും അതിൽ സുഖമുണ്ടോ ദീ നവനീതങ്ങളൊക്കെ കൂട്ടി തൈരും വെണ്ണയുമൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നത് സുഖമാണോ രാമഭക്തി സുഖമാണോ എന്ത് മനസ്സിനോട് ചോദിക്കാം ഈ കീർത്തനത്തിന് നമ്മൾ ആദ്യം താങ്ക്സ് പറയേണ്ടത് ഏട്ടനെയാണ് അദ്ദേഹം ചീത്ത ഈ കീർത്തനം വരില്ല പലതും ഇൻസ്പിറേഷനൊക്കെ എങ്ങനെയാണ് രാമവിഗ്രഹത്തിനെ കാവേരിയിൽ കൊണ്ടുപോയിട്ടു അപ്പോ കുറേ ദിവസം രാമനെ അലഞ്ഞ് തെരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്തുള്ള കീർത്തനങ്ങളാണ് കുറേ കീർത്തനങ്ങൾ അവസാന ഏട്ടൻ വീട് ഭാഗം പിരിച്ച് ചെറിയൊരു ഭാഗം ത്യാഗരാജനും ഭാര്യക്കുമൊക്കെ കൊടുത്തു ഭക്ഷണി കടന്നാ ബുദ്ധി വരും എന്ന് പറഞ്ഞിട്ട് ഈ ഭക്തന്മാർക്ക് ബുദ്ധിയേ ഏട്ടൻ വിചാരിച്ചത് താൻ സമ്പാദിച്ചു കൊടുക്കണത് കൊണ്ടാണ് ജീവിക്കണത് അതുകൊണ്ട് ഇനിയിപ്പൊ തനിയെ സമ്പാദിക്കുകയാണെങ്കിൽ സമ്പാദിക്കട്ടെ ഭക്ഷണി കടന്നാ ബുദ്ധി വരും പറഞ്ഞിട്ട് ഒരു ഭാഗം പിരിച്ചു കൊടുത്തപ്പോ ഒരു ചെമ്പുപാത്രം എടുത്തു ഒരു കയറ് കിട്ടി കഴുത്തിലിട്ടു ഒരു ചവളാക്കട്ടെ കയ്യിൽ എടുത്തിണ്ട നടക്ക വേണ്ടി തന്നെ പാടിയുണ്ട് അതിൽ കൊഞ്ച് അരിശി അവാവാള കൊണ്ട് ഭക്തിയോടെ പോടുക പരിശുദ്ധ ഉഞ്ചവൃത്തി ഉഞ്ചവൃത്തി ചെയ്ത് കൊണ്ടുവരുന്ന അരി വെച്ച് സുഖമായി മൂന്നുപേരും പേട്ടനം ചെയ്ത് പറയാനും ഇല്ല രാവും പകലും ഭജന ആ ഉഞ്ചവൃത്തി അരിയിൽ ഒരിക്കൽ രാജാവ് ഒരുപടി സ്വർണക്കായും കൊണ്ടുപോയി ഇട്ടു വത്ത ത് ത്യാഗരാജനെ എങ്ങനെയും സഹായിക്കാനേ പറ്റുന്നില്ല അപ്പോ ശരഭൂജി മഹാരാജാവ് ജോലിക്കാരനെ വിട്ട് ഒരു ആരും അറിയാതെ ഒരു സ്വർണ്ണ കോയിൻ പുറകെ കൊണ്ടുപോയി കുടത്തിൽ കൊണ്ടുപോയി ഇട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അത് കിഴങ്ങണ ശബ്ദം കേട്ടത് ഇതിലുള്ള അരി അശുദ്ധമായിരുന്നു എന്ന് കാവേരിയിൽ കൊണ്ടുപോയി കൂട്ടി വന്നു തീവ്ര വിദഗ്ധി വൈരാഗ്യം വീട്ടിൽ ഇത്രയധികം വിപരീതമായി ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നിട്ടും ദ്വേഷം ഉണ്ടായിരുന്നിട്ട് പോലും ഭക്തിക്കൊന്നും കുറവില്ല അദ്ദേഹത്തിനോട് വിരോധമില്ല ദ്വേഷവും യാതൊരു വിരോധം അദ്ദേഹത്തിനോടില്ല അങ്ങടൊക്കെ പ്രിയമേയുള്ളൂ എന്നാലും രാമനോട് ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും രാമ രക്ഷിക്കും സുഗ്രീവനെ രക്ഷിച്ചില്ലേ എന്നെ രക്ഷിക്കും ബാലിശേഷു ദ്വിഷത്സുച്ച് വെറുക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഉപേക്ഷാഭാവം സോക്രട്ടീസിനെ പറയും സോക്രട്ടീസിന്റെ ഭാര്യ ഏറ്റവും അധികം സോക്രട്ടീസിനെ വെറുത്തത് സോക്രട്ടീസിന്റെ ഭാര്യ ചീത്ത വിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഒന്നിനും കൊള്ളില്ല എപ്പോഴും തത്വവിചാരം ചെയ്തുകൊണ്ട് നടക്കണു ഒരു ദിവസം കുറെ ചീത്ത വിളിച്ചു ഇദ്ദേഹം അനങ്ങനെയില്ല തലയിൽ ഒരു കുടം പച്ചവെള്ളം കൊണ്ടുവന്ന് ചോദിച്ചു സോക്രേറ്റീസ് പറഞ്ഞു എവറി ടൈം ഇറ്റ് തണ്ടേസ് സാധാരണ ഇടിവെട്ടും ഇന്ന് മഴ പെയ്തു തല തണുത്തു തല തണുത്തു ഇനി കുറച്ചു നേരം കൂടെ സുഖമായി ഇരുന്ന് വിചാരം ചെയ്യും യാതൊരു വിധത്തിലും അവരുടെ ഉപേക്ഷാഭാവമാണ് ലോകത്തിനോട് ഉപേക്ഷാഭാവം ഭഗവാനോട് ഭക്തി ഭക്തന്മാരോട് സംഘം ഭക്തിയില്ലാത്തവരോട് കൃപ ഇത് മധ്യമഭക്തി ഇതും മധ്യമ ഭക്തിയായൂ എന്നാണ് അപ്പൊ ഉത്തമഭക്തി എന്താ സർവഭൂതേഷു യശ്യേത് ഭഗവത്ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ അവ്യവഹാരിയമായ ഒരു വ്യവഹരിക്കാൻ യോഗ്യമല്ലാത്തവനാണ് ഭാഗവതോത്തമം അവിടെ എന്താ അവ്യവഹാര്യം എന്ന് വെച്ചാൽ സർവഭൂതേഷു യശ്യേത് ഭഗവത്ഭാവം സർവഭൂതങ്ങളും ഭഗവത് സ്വരൂപം താനും ഭഗവത് സ്വരൂപം ആത്മനഹ ഭഗവത്ഭാവം തന്നിൽ ഭഗവത്ഭാവത്തിനെ കണ്ടു പ്രപഞ്ചം മുഴുവൻ ദൃഷ്ടിയും ജ്ഞാനമയം കൃത്യ പശ്യേത് ബ്രഹ്മമയം ജഗത് ദൃഷ്ടി ജ്ഞാനമയമായി ജഗത്ത് ബ്രഹ്മമയമായി ഭൂത ഭഗവതി ആത്മനി സർവഭൂതങ്ങളെയും ഭഗവത് സ്വരൂപമായും ഭഗവാനിലും കാണുന്നു ഏഷ ഭാഗവതോത്തമ ഈ ഭാഗവതോത്തമന് എന്താ എന്താ ലക്ഷണം ദേഹേന്ദ്രിയ പ്രാണമനോധിയാംഗം ജന്മാപ്യച്ഛു ഭയതർഷ്രൈ സംസാരധർമ്മൈ അവിമുഹ്യമാനസ്മൃത്യാഹരേ ഭാഗവത പ്രധാന ശരീരത്തിന്റെ ധർമ്മങ്ങളായ വിശ് ശരീരത്തിൻ്റെ ചില ധർമ്മങ്ങളുണ്ട് പല വിധത്തിലുള്ള വ്യാധികൾ വിഷമങ്ങൾ തണുപ്പ് ചൂട് ഇങ്ങനെയുള്ളത് ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങൾ കണ്ണ് കാണാതാവുക ചെവി കേൾക്കാതാവുക മുതലായിട്ടുള്ളത് പ്രാണന്റെ ധർമ്മമുണ്ട് വിശപ്പ് ദാഹം മുതലായിട്ടുള്ളത് മനസ്സിൻ്റെ ധർമ്മമുണ്ട് കാമം ക്രോധം മുതലായിട്ടുള്ളത് ബുദ്ധിയുടെ ധർമ്മമുണ്ട് അജ്ഞാനം വിവേകം അവിവേകം മുതലായിട്ടുള്ളതൊക്കെ ജന്മ ജനനം മരണം മുതലായി പലതും ഈ ലോകത്തിൽ നടക്കും ഇതുകൊണ്ടൊന്നും അഭിമുഖ്യമാന എന്തൊക്കെ തന്റെ ചുറ്റും കോളിളക്ക അതിലൊന്നും ചലിക്കാതെ സ്മൃത്യാ ഹരേഹ് ബോധസ്മൃതിയിൽ സ്വരൂപസ്മൃതിയിൽ അവിടെ നിരോധം ഉത്പത്തി ഒന്നുമില്ല ജനനം മരണം അവിടെയില്ല വ്യാധിയില്ല വിശപ്പ് ദാഹമില്ല തണുപ്പില്ല ചൂടില്ല സദാ ഒരേ ഏകരസസ്വരൂപമായ ഭഗവത് സ്വരൂപത്തിൽ തന്നെ ലീനനായി സർവവും മറന്ന് ശരീരപ്രജ്ഞ തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ഉത്തമൻ അവനാണ് ഭാഗവതോത്തമ ഹരേ ഹേ ഭാഗവത പ്രധാന അയാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റുമോ കർമ്മമൊക്കെ ചിലപ്പോൾ ചെയ്യും പക്ഷെ അതിങ്ങനെ കളി പോലെ അല്ലാതെ കാമ്യകർമ്മം അയാൾക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നാ കാമകർമ്മ ബീജാനാം യേതസി സംഭവ കാമ്യകർമ്മം ചെയ്യാൻ ഒരു ചെറിയ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വാസുദേവൈക നിളയഹ സഭൈ ഭാഗവതോത്തമ സർവം വാസുദേവ സ്വരൂപം ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചവനാണ് ഇന്ന യോഗ്യതയുള്ളവനാണ് എന്നുള്ള ഭാവമില്ല വർണ്ണ ജാതി മുതലായിട്ടുള്ള സംബന്ധങ്ങൾ യാതൊന്നുമില്ല സർവഭൂതങ്ങളോടും സമഭാവം മൂന്ന് ലോകത്തിലുള്ള വിഭവങ്ങളും മുമ്പിൽ കൊണ്ടുവച്ചാലും ഭഗവാനെ വിട്ട് മനസ്സതിലേക്ക് ചലിക്കില്ല ത്രിഭുവന വിഭവഹേതവേ അകുണ്ഠസ്മൃതി അജിതാത്മസുരാതിർവിമൃഗ്യാത് നഗവത് പദാരവിന്ദാത് ലവ നിമിഷ അർദ്ധമപി യസ് ഒരു നിമിഷ ലവനേരം പോലും ഭഗവത്പാദത്തിനെ വിട്ട് ആരുടെ ചിത്തം അങ്ങടെ അങ്ങോട്ട് ചലിക്കില്ലയോ സ അവൻ വൈഷ്ണവോത്തമൻ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞു ഭഗവാനും ആ ഭക്തനെ വിട്ട് പിരിയില്ല ഭഗവത് സ്വരൂപിയാണ് ഈ ഭക്തൻ വേറെയല്ല ഭഗവാൻ വേറെയല്ല അങ്ങനെ ഭാഗവതോത്തമ ലക്ഷണം പറഞ്ഞു